ഈ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ഇത്രയും പേർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ ഇത് ഇടയാക്കുന്നല്ലോ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ ഇന്നുണ്ട് നമുക്ക് സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പ് പോലെ ഇത്രയും പേർക്ക് സന്തോഷമായിട്ട് ഇന്ന് ഇവിടെ ആയിരിക്കാൻ ഇടയാകുന്നു നമുക്ക് കർത്തൃമേശിയും നമ്മുടെ മധ്യത്തിൽ ഉണ്ടല്ലോ അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ഒരു ഭാഗം വായിക്കാം യോഹനന്റെ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായത്തിലാണ് നിന്ന് നമുക്ക് നോക്കാം പത്തൊൻപതാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം യോഹനൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അന്ന് ഒരിക്കൽ നാളും ആ ശബത്തിനാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രോശിന്മേലിരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് ഇടിപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാലോടിച്ചു അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അവൻ മരിച്ചു എന്ന് കാണുകയാൽ അവൻ്റെ കാലോടിച്ചില്ല എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്ന് തിരുവി എന്നുള്ള തിരുവിഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അവസാന രംഗം കർത്താവ് മരിച്ച ആ ഭാഗം അതിനെക്കുറിച്ച് ഒരു ദൃക്സാക്ഷി വിവരണമാണ് നമ്മൾ വായിച്ചത് യോഹന്നാൻ ക്രൂശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു യോഹന്നാൻ ഈ സംഭവത്തിനെല്ലാം ദൃക്സാക്ഷിയാണ് ആ യോഹന്നാൻ അതിനെക്കുറിച്ച് മറ്റ് പല സുവിശേഷകന്മാരും രേഖപ്പെടുത്താത്ത വളരെ വളരെ മൈന്യൂട്ടായ ഡീറ്റെയിൽസ് വളരെ വളരെ വളരെ ചെറിയത് എന്ന് നമുക്ക് തോന്നുന്ന വിശദീകരണങ്ങളും ഇതിൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നൽകിയ ആ വിശദീകരണങ്ങൾ പലപ്പോഴും നമ്മൾ അത്ര വേഗത്തിൽ ശ്രദ്ധിക്കാറില്ല എന്നാൽ അത് നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സഹായകരമായ ഒട്ടേറെ ചിന്തകൾ നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവർ ഇവിടെ ഇതാ നോക്കുക ഇവിടെ എന്താ കാണുന്നത് അവിടെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ശപത്ത് വരുന്നു ഈ ശപത്തിൽ ശരീരങ്ങൾ ക്രൂശിന്മേലിരിക്കരുത് അതിനു മുമ്പ് ഇവർ മരിച്ച് ഇവരുടെ ബോഡി മാറ്റണം എന്നൊക്കെയുള്ള താൽപ്പര്യം യഹൂദന്മാർക്കുണ്ടായി യഹൂദന്മാർ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു പീലാത്തോസാണ് അവിടുത്തെ റോമൻ ഗവർണർ ഈ റോമൻ നിയമം അനുസരിച്ച് ക്രൂശിക്കപ്പെട്ട ഈ ഈ കുറ്റവാളികളുടെ മേൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണമെങ്കിൽ അതിൻ്റെ അധികാരം ആർക്കേ ഉള്ളൂ റോമൻ ഗവർണറായ പീലാത്തോസിനേ ഉള്ളു അതുകൊണ്ടാണ് യഹൂദന്മാരുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചൊരു ചിന്തയുണ്ടായപ്പോൾ അവർ റോമൻ ഗവർണറുടെ അനുമതി അതിനെ തേടുന്നത് നമ്മൾ കാണുന്നത് ഉടനെ തന്നെ റോമൻ ഗവർണർ പറഞ്ഞിട്ടാവണം പടയാളികളെ രംഗത്തെത്തി റോമൻ പടയാളികളാണ് റോമൻ പടയാളികൾ നമുക്കറിയാമല്ലോ യഹൂദര് അന്ന് റോമക്കാരാൽ ഭരിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ് യഹൂദന്മാരുടെ ഈ ന്യായ പ്രമാണം അവരുടെ ദേവാലയം അവരുടെ പുരോഹിതന്മാർ അവരുടെ പരീശന്മാർ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരെക്കുറിച്ച് അവരെ കഴിയുന്നിടത്തോളം ഉപദ്രവിക്കരുതെന്ന് റോമൻ സർക്കാരിനുണ്ട് കാരണം നമ്മളും നമ്മൾ ഓർക്കുക നമ്മളെ നമ്മുടെ രാജ്യത്തെയും നേരത്തെ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ബ്രിട്ടീഷുകാർ കഴിയുമെങ്കിൽ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാകാതെ എങ്ങനെയെങ്കിലും ഭരിച്ചു പോകണമെന്നേ അവർക്ക് താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ മധ്യപൗരദേശത്ത് റോമാക്കാർ വന്നിട്ട് അവരാണ് അവിടെ ഭരണം നടത്തുന്നത് പക്ഷേ അവിടുത്തെ ആളുകളായ യഹൂദന്മാരുടെ സെൻറ്റിമെൻറ്റ്സിനെ ഒന്നും കയറി എന്തു ചെയ്യരുത് അതിനെ ഒന്നും പ്രശ്നമാക്കരുത് അവരെങ്ങനെങ്കിലുമൊക്കെ അവരുടേതായ കാര്യങ്ങളുമായിട്ട് ജീവിച്ചു പൊക്കോട്ടെ നമ്മുടെ റോമൻ ഭരണാധികാരിത്തിൽ ഒന്നും കയറി അവർ കൈകടത്താതിരിക്കുന്നിടത്തോളം അവരുടെ ന്യായ പ്രമാണമോ അവരുടെ ദേവാലയമോ അവരുടെ യാഗങ്ങളോ എന്തെങ്കിലുമൊക്കെ നടത്തിപ്പോട്ടെ നമുക്ക് ശല്യം ഇല്ലാതിരുന്നാൽ മതി എന്നൊരു പൊതു നയമായിരുന്നു റോമൻ സർക്കാർ അവരെ കൈക്കൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവർ വന്ന് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ റോമൻ ഗവർണർ പീലാത്തോസ് പടയാളികളെ വിട്ടിരിക്കാം പടയാളികൾ വന്ന് ഈ ക്രൂശിക്കപ്പെട്ട മൂന്ന് പേരും മരിച്ചുപോയി എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുന്നു ആ എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത് പടയാളികൾക്ക് അന്ന് ഒരു രീതി ഉണ്ടായിരുന്നു ക്രൂശി മരണമെന്ന് പറയുന്നത് പല ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാതനയുടെ ഒരു ജീവിതമാണ് യാതനയുടെ ഒരു അന്ത്യമാണ് ആ യാതനയിൽ ചിലർ നേരത്തെ മരിക്കും ചിലർ മരിച്ചതുപോലെ തോന്നും പക്ഷേ മരിച്ചതായിട്ട് ശരിക്കും മരിച്ചതായിരിക്കുകയില്ല മറ്റു ചിലർ മരിച്ചു ഇതൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഇന്നാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഒരു ഡോക്ടറെ കൊണ്ടുവന്നിട്ട് ഇത് മരിച്ചോ ഇല്ലയോ എന്ന് അവസാനം ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് നൽകും അന്ന് ആ സൗകര്യങ്ങളില്ലല്ലോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ പടയാളികളെ ഇത് ഏൽപ്പിച്ചപ്പോൾ അവർക്ക് അവരുടേതായ വളരെ ക്രൂഡായിട്ടുള്ള വളരെ പരുക്കനായ ചില രീതികളുണ്ട് അവർ ചെയ്യുന്ന രീതി എന്താ അവർ ചെയ്യുന്നത് ഈ ഈ ആളുകൾ ക്രൂശിലിങ്ങനെ കിടക്കുമ്പോൾ അവരുടെ കാല താരതമ്യേന അല്പം ഉയർന്ന് ഇങ്ങനെ ഇരിക്കും അതൊന്ന് ഒടിച്ച് നോക്ക് ഒടിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ അല്പമേലും ജീവനുണ്ടെങ്കിൽ ഇവനെന്തോ ചെയ്യും ഇവൻ പെടയും ആ അപ്പോൾ മരിച്ചിട്ടില്ല എന്നുറപ്പ് വരുത്തും ഇങ്ങനെ ഒരു തന്ത്രമാണ് ഇവരുടെ രീതി അപ്പോൾ അവർ അതുപോലെ തന്നെ വന്ന് ഈ മൂന്ന് പേര് നമുക്കറിയാം കർത്താവ യേശു ക്രിസ്തു മധ്യത്തിലുള്ള ക്രൂശില് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ആ നിലയിലുള്ള കള്ളന്മാരെ കിടക്കുന്നു ഈ മൂന്ന് പേരെ അവർ മരിച്ചോ ഇല്ലയോ എന്നുറപ്പ് വരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇവിടെ ഇതാ യോഹന്നാൻ ഒരു പാരഗ്രാഫ് മുഴുവൻ എടുത്ത് വിശദീകരിക്കുന്നത് അങ്ങനെ വിശദീകരിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്നുള്ള ചില ഉദ്ധരണികൾ താൻ അവിടെ കൊണ്ടുവരുന്നു അപ്പോൾ അത് വെറുതെ ഒരു കേവലം ഒരു സംഭവ വിവരണം എന്നുള്ളതിനപ്പുറത്ത് ഇതിന് നിത്യതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സത്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് എന്ന സൂചന നമുക്കവിടെ നിന്ന് ലഭിക്കും നമുക്ക് വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ കർത്തർമേശയോടുമുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവർ അവിടെ ഇതാ ഇവർ വന്ന് പടയാളികൾ വന്ന് ഒന്നാമത്തേൻ്റെയും മറ്റവൻ്റെയും അതായത് രണ്ട് കള്ളന്മാരുടെയും കാലോടിച്ചു മുപ്പത്തി വാക്യം എന്നാൽ അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അടുക്കൽ വന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഒട്ടേറെ പേരെ ക്രൂശിക്കുകയും ഒട്ടേറെ മരണങ്ങൾ അടുത്ത് നിന്ന് കാണുകയും ചെയ്ത ഈ പടയാളികൾ പടയാളികൾക്ക് മനസ്സിലായി യേശു എന്തു ചെയ്തു യേശു തീർത്തും മരിച്ചുപോയി എന്നവർക്ക് ഉറപ്പായി കാലൊടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ യേശു മരിച്ചു എന്നുള്ളത് അവർക്ക് ഉറപ്പായി അതുകൊണ്ട് അവർ മറ്റു രണ്ട് യേശുവിൻ്റെ ഇടത്തും വലത്തുമുള്ള ക്രൂസിൽ കിടന്ന രണ്ട് കള്ളന്മാരുടെയും കാലൊടിച്ച് അവർ മരിച്ചോ എന്ന് ടെസ്റ്റ് ചെയ്തെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അസ്ഥിയെ ഒടിച്ചില്ല എന്നാണ് അവിടെ പറയുന്നത് അത് കേവലം യാദൃച്ഛികമായിട്ട് അങ്ങനെ അങ്ങ് സംഭവിച്ചതല്ല എന്നാണ് ആ പാരഗ്രാഫിൻ്റെ അവസാനം യോഹന്നാൻ പറയുന്നത് അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു അപ്പോൾ നോക്കാം ഈ ക്രൂശിമരണത്തിൻ്റെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വരെ ദൈവം നേരത്തെ അത് പ്ലാൻ ചെയ്യുകയും തിരുവഴുത്തുകളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ നിവൃത്തികരണമാണ് ഈ സംഭവിച്ചത് വളരെ ഒരു കൊച്ചു കാര്യം പക്ഷേ അതിനും എന്തുണ്ട് തിരുവഴുത്തിൽ ഒരു റെഫറൻസ് ഉണ്ട് അവൻ്റെ അസ്ഥിയും ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകേയില്ല അത് നിവൃത്തിയാകാൻ വേണ്ടിയാണ് യേശുവിൻ്റെ അസ്ഥിയെ ആ പടയാളികൾ ഒടിക്കാഞ്ഞത് യോഹന്നാൻ രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇവർ യേശു മരിച്ചു എന്നുള്ളത് അവർക്ക് വളരെ ഉറപ്പാണ് എങ്കിലും അതുകൊണ്ട് അവർ അവൻ്റെ കാലൊടിച്ചില്ല എങ്കിലും മുപ്പത്തിനാലാമത്തെ വാക്യം പടയാളികളിൽ ഒരുത്തൻ അതൊന്നുകൂടൊന്ന് ഉറപ്പാക്കാൻ വേണ്ടി കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി കുത്തിയ ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു കണ്ടോ അതായത് മരിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴാണ് രക്തത്തിലെ ഘടകങ്ങൾ വേർതിരിഞ്ഞ് അത് രക്തവും വെള്ളവുമായി തീരുന്നത് അപ്പോൾ ഇവന് പടയാളിയിൽ ഒരു ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്തൊന്ന് കുത്തി നോക്കി കുത്തി നോക്കിയപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ഉടനെ അവർക്ക് മനസ്സിലായി മരിച്ചു നേരത്തെ തന്നെ മരിച്ചു എന്നുള്ള കാര്യം അവരെ കൺഫേം ചെയ്യുന്നു പടയാളികളെ ഒരു ചുമതലയെ ഏൽപ്പിക്കുമ്പം അവരത് പൂർണ്ണമായിട്ട് നിർ നിവർത്തിക്കണമല്ലോ കാലൊടിച്ചില്ല എന്നുള്ളത് ശരി പക്ഷേ മരിച്ചോ മൂ രണ്ടോ മൂന്നോ പടയാളികളായിരിക്കും ഒരുത്തൻ മിടുക്കനായ ഒരാൾ വിചാരിച്ചു എന്നാൽ ഇതോടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് ഒരു കുന്തം എടുത്ത് പോകുന്ന പോക്കിൽ വിലാപ്പുറത്തൊരു കുത്തുകുത്തി കുത്തുകുത്തിയപ്പോൾ അവിടെ നിന്ന് ഒഴുകിയത് രക്തവും വെള്ളവുമാണ് ഓ അതിൻ്റെ അർത്ഥം മരിച്ചു മരിച്ചിട്ട് സമയമായി അവർക്ക് മനസ്സിലായി അവർ കാലൊടിക്കാതെ പോയി പക്ഷേ അതിനെ തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കണ്ടോ ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു മുപ്പത്തിയഞ്ചാം വാക്യം ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു എന്തിനാ ഇത് ഇത്രയും ഇങ്ങനെ പറഞ്ഞു ഏ എന്താ ആകെപ്പാടെ ഇതാരോ കണ്ടു എന്നല്ലാതെ അതൊരു കോടതി ഭാഷയിൽ ഇത് മുപ്പത്തഞ്ചാം വാക്യം നമ്മൾ ശ്രദ്ധിക്കും ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു രക്തവും വെള്ളവും പുറപ്പെട്ടു ഇത് കണ്ടതാണ് കണ്ടവൻ ദാ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അവിടെ നിർത്തുന്നില്ല നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു സത്യം സത്യം എന്നുള്ള വാക്ക് ആവർത്തിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും പ്രിയപ്പെട്ടവർ എന്തിനാണ് യോഹന്നാൻ ഈ നിലയിൽ ഇങ്ങനെ ഇത്രയും അതിനു വേണ്ടി വീറോടെ വാദിക്കുന്നത് രക്തവും വെള്ളവും പുറപ്പെട്ടു അല്ലെ മരിച്ചു അസ്ഥി ഓടിച്ചില്ല ഈ കാര്യത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടോ നമ്മൾ പിന്നീട് ഇത് യോഹനാൻ അങ്ങനെ രേഖപ്പെടുത്തിയത് അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നിയോഗമുണ്ടായിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും അതായത് യേശു യേശുവും മരിച്ചു അത് ഞാൻ കണ്ടതാണ് അവസാനം അവനെ കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു മരിച്ചിരുന്നു എന്നുള്ളതിന് ഉറപ്പുണ്ട് എന്ന് ദൃക്സാക്ഷി ഒരാളായ ഞാൻ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു ഇത് സത്യമാണ് സത്യമാണ് എന്ന് യോഹൻ ഞാൻ പറയുമ്പോൾ അത്രയും ഉറപ്പോടവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നീട് അത് സംബന്ധിച്ച് പല പല വ്യത്യസ്തമായ പല തെറ്റായ ഉപദേശങ്ങളും തെറ്റായ ചിന്തകളും ഉടലെടുക്കുമായിരുന്നു എന്നാൽ യോഹനാൻ ഇത്രയും ഒക്കെ പറഞ്ഞിട്ടും യേശു യഥാർത്ഥത്തിൽ ക്രൂശിൽ മരിച്ചില്ല എന്നൊരു തീയറിയുണ്ട് യേശു ക്രൂശിക്കപ്പെട്ട അവിടെ കിടന്നപ്പം യേശു മരിച്ചതുപോലെ തോന്നിയതാണ് യേശു സത്യത്തിൽ മയങ്ങിക്കിടന്നുപോയി മയങ്ങി കിടന്നുപോയി മരിച്ചില്ല പക്ഷേ മയക്കത്തിലായിരുന്നു മയക്കത്തിലായിരുന്നു കൊണ്ട് വന്നവർ വിചാരിച്ചു മരിച്ചു എന്ന് വിചാരിച്ചു അതുകൊണ്ട് യേശു ക്രൂശില് മരിച്ചില്ല ഇങ്ങനെ ഒരു ചിന്തയുണ്ട് അത് ഈ കാലഘട്ടത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലോ ഇരുപതാം നൂറ്റാണ്ടിലോ ഉള്ളതല്ല ആദ്യകാലം മുതലേ തന്നെ ഡോസറ്റിക് ചിന്ത എന്നാണതറിയപ്പെടുന്നത് ഡോസറ്റിസം അതെന്താ പറയുന്നത് അത് പറയുന്നത് യേശു മരിച്ചില്ല അതിനവർ വളരെ ആത്മീയമെന്ന് തോന്നുന്ന ചില ഭാഷ്യങ്ങളൊക്കെ പറയും ഓ ദൈവപുത്രനായ വലിയ വിശുദ്ധനായ കർത്താവ് അങ്ങനെ വലിയ മരിക്കാനൊക്കും കർത്താവ് മരിച്ചില്ല അവർക്കൊക്കെ തോന്നിയതേ ഉള്ളു മരിച്ചെന്ന് തോന്നിയതേ ഉള്ളൂ എന്നിട്ട് അതിന് പിന്നീട് ചില വ്യാഖ്യാനങ്ങളുണ്ട് യേശുവിനെ അവസാനം ക്രൂസിൽ നിന്ന് ഇറക്കി ക്രൂസിൽ നിന്ന് ഇറക്കിയ ഉടനെ തന്നെ യേശു മരിച്ചിട്ടില്ല മയങ്ങിക്കിടക്കുകയാണെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരായ അരിമത്യക്കാരൻ ജോസഫും നിക്കോദമോസും ഒക്കെ മനസ്സിലാക്കി അവർ വേഗത്തിൽ ഇവനെ അടക്കാൻ കൊണ്ടുപോകുന്ന ഭാവത്തെ കൊണ്ടുപോയി മൂറും അകിലും അങ്ങനെയുള്ള ഔഷധക്കൂട്ടൊക്കെ ഇട്ട് അവനെ സൗഖ്യപ്പെടുത്തി അതിൽ നിന്ന് യേശു എഴുന്നേറ്റു എഴുന്നേറ്റു അങ്ങനെ യേശു പിന്നെ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വന്നു കാശ്മീരിലുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചിന്തകൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒട്ടേറെ ചിന്തകളുണ്ട് കാശ്മീരിലുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി കഥകളുണ്ട് ഇതെല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണ് യേശു മരിച്ചില്ല മരിച്ചില്ല എന്നുള്ള ആ ചിന്ത യേശു അതേസമയം ഇവിടെ ഇതാ അതിൻ്റെ ദൃക്സാക്ഷിയായി യോഹനൻ പറയുന്നു യേശു മരിച്ചു ഇത് കണ്ടതാ സത്യമാ അവൻ്റെ സാക്ഷി സത്യമാണ് ആ സാക്ഷി സത്യമാണെന്ന് നിങ്ങളും അറിയേണ്ടതിന് ഇതിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ഈ ഡോസറ്റിക് ചിന്ത അടിമുടി തെറ്റാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആട്ടെ ഈ ഡോസറ്റിക് ചിന്ത എന്തുകൊണ്ടാണ് പിശാജ് ആളുകളുടെ ഹൃദയത്തെ കൊടുത്ത് യേശു മരിച്ചില്ല മയങ്ങിയതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതെന്താ പിശാജ് എന്താ അങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്താ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ കാര്യത്തെ കുറച്ചുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു യേശു മരിച്ചില്ല മയങ്ങിയതേ ഉള്ളൂ എന്നിരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന ദൈവപ്രമാണം എന്ത് എന്ത് ചെയ്തില്ല നടന്നില്ല നടന്നില്ല യേശു മരിക്കണം മരിക്കണം അതാണ് മരിക്കില്ല കേവലം കർത്താവ് മയങ്ങിക്കിടന്നതേ ഉള്ളെങ്കിൽ എന്തില്ല മരണം ഉറപ്പ് വരുത്തണം നോക്കുക കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് നിഴലായിട്ട് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണല്ലോ പെസഹ കുഞ്ഞാടിനെ അറുക്കുക എന്ന് പറയുന്നത് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക ഒരു പെസഹ കുഞ്ഞാടിനെ ഒരു വീട്ടുകാരെ പെസഹയ്ക്ക് വേണ്ടി അറുക്കാനായിട്ട് കൊണ്ടുവന്നു അതിനെ കുറച്ച് അതിൻ്റെ ദേഹത്തു നിന്നൊക്കെ കുറച്ച് മാംസമൊക്കെ എടുത്തു പക്ഷേ ആ പെസാക്കുഞ്ഞാട് മയങ്ങി കിടന്നതേയുള്ളൂ പെസാക്കുഞ്ഞാട് മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സംഹാരദൂതൻ പുറത്തൂടെ പോകുമ്പം സംഹാരദൂതൻ എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ പെസാക്കുഞ്ഞാടെന്ത് വേണം പെസാക്കുഞ്ഞാട് മയങ്ങിക്കിടന്നാൽ പോരെ അത് മരിക്കണം കർത്താവായി യേശു ക്രിസ്തു പാപത്തിൻ്റെ ശമ്പളം മരണം ആ മരണം ഉണ്ടാവണം അതിനെ നിഷേധിച്ചാൽ ഓ നമ്മുടെ പാപത്തിന് പരിഹാരമായില്ല നോക്കുക യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിലൂടെയാണ് മരണത്തിലൂടെയാണ് നമുക്ക് പാപമോചനമുള്ളത് അപ്പം യേശു മരിച്ചില്ല എന്ന് പറയുന്ന ഡോസറ്റിക് ചിന്ത ഒറ്റ നോട്ടത്തിൽ വളരെ നിർദ്ദോഷമെന്ന് തോന്നിയാലും അത് പഠിച്ചു വരുമ്പം അതിൻ്റെ അകത്ത് എന്തുണ്ട് പിശാജിൻ്റെ ഒരു വലിയ തന്ത്രമുണ്ട് യേശു മരിച്ചില്ലെങ്കിൽ നമ്മുടെ പാവങ്ങൾക്ക് വിമോചനമില്ല യേശു മയങ്ങി കിടന്നതേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ കാര്യങ്ങൾ വ്യത്യാസമായി പോകും കാര്യങ്ങൾ ശരിയാവുകയില്ല ദൈവം ഇതിന് നിഴലായിട്ട് പഴയ നിയമത്തിൽ തന്ന പെസാക്കുഞ്ഞാടിൻ്റെ അറുക്കല് പോലും ആ നിലയിൽ തീർത്തും ആ കുഞ്ഞാട് കൊല്ലപ്പെടണം കൊല്ലപ്പെടണം പുരോഹിതനത് ഉറപ്പ് വരുത്തുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു കാര്യം രണ്ടാമത് യേശു മരിച്ചില്ലെങ്കിൽ യേശുവിൻ്റെ ഉയർപ്പ് ഇത്ര വലിയൊരത്ഭുതമായി തീരുകയില്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മരിച്ചില്ലായിരുന്നു മയങ്ങി കിടന്നതേ ഉള്ളെങ്കിൽ ഇവർ അരിമത്യക്കാരൻ ജോസഫും നിക്കോതേമസും ഒക്കെ കൂടെ കൊണ്ടുപോയി ഔഷധക്കൂട്ടമൊക്കെ ഇട്ട് ശരിയാക്കി അതിൽ നിന്നൊക്കെ നമുക്കറിയാമല്ലോ വളരെ മരണാസന്നരായ ചില ആളുകൾ അതിൽ നിന്നൊക്കെ അവസാനം എഴുന്നേറ്റ് ഒരു രണ്ടാം ജന്മം പോലെ ജീവിച്ചു പോയി അതിനെ ആരും അങ്ങനെ വരുന്ന ആളിനെ അയാളെ ഉയർത്തെഴുന്നേറ്റതായിട്ടും പറയല്ല കാര്യം അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല മരിച്ചിട്ടില്ല അപ്പം യേശു മരിച്ചില്ല എന്ന് ഈ പറയുന്ന ഡോസറ്റിക് ചിന്താ ഉയർപ്പിനെ കൂടെ നിഷേധിക്കുക ചെയ്യുന്നു നോക്കുക ദൈവികമായ യേശുവിൻ്റെ മരണം പാപമോചനം അതിലാണ് എന്ന കാര്യത്തെ നിഷേധിക്കുന്നു അതുപോലെ തന്നെ യേശു ശരിക്ക് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യത്തെയും ഈ ഡോസറ്റിക് ചിന്ത നിഷേധിക്കുന്നു അതുകൊണ്ടാണ് ഇതറിയാവുന്നതുകൊണ്ടാണ് യോഹന്നാൻ ഇതിനെതിരെ ഇത്ര വീറോടെ പറയുന്നത് ഞാനാ ഞാനാണ് ഇതിൻ്റെ ദൃക്സാക്ഷി എന്ന് താൻ പറയുന്നു അവിടെ സത്യം മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ ഇത് കണ്ടവൻ കണ്ടവൻ എന്ന് പറയുന്ന മറ്റൊരാളല്ല യോഹന്നൻ തന്നെയാണ് കണ്ടവൻ സാക്ഷ്യം പറയുന്നു അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു സത്യം സത്യം എന്നവിടെ പറയുന്ന ആവർത്തിക്കുന്ന ആ വാക്ക് മൂലഭാഷയിൽ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്ന് പറഞ്ഞ ആ സാക്ഷാൽ റിയലായിട്ട് ഞാൻ മുന്തിരിവള്ളിയാണ് റിയലായിട്ട് യഥാർത്ഥത്തിൽ ഞാൻ മുന്തിരിവള്ളിയാണ് എന്ന് പറഞ്ഞ സാക്ഷാൽ എന്നാ റിയൽ എന്നുള്ള ആ മൂലഭാഷയിലെ വാക്കാണ് പോലും ഇവിടെ സത്യം എന്നതിന് എന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര ഉറപ്പോടെ തന്നെ യോഹന്നാൻ ഈ കാര്യം പ പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം ഇവിടെ ഇതാ പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു രക്തവും വെള്ളവും പുറപ്പെട്ടു നമ്മൾ സക്കരിയാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ സക്കരിയാവിൻ്റെ പുസ്തകം അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സകന്യാവ് അഗ്ഗായി സക്കരിയാവ് സെക്കരിയാവ് അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം നോക്കുക അന്നാളിൽ ദാവീത് ഗ്രഹത്തിനും യരിശിലെ നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും നമ്മുടെ പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായിട്ട് തുറക്കപ്പെട്ട ഒരു ഉറവാണ് യേശുവിൻ്റെ വിലാപ്പുറം ആ വില പുറത്ത് കുത്തിയപ്പോൾ അവിടുന്ന് രക്തം പുറപ്പെട്ടു രക്തം പുറപ്പെട്ടു ആ രക്തം എന്തിനെ കാണിക്കുന്നു ഇതാ നമ്മുടെ പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായിട്ട് തുറന്ന ഒരു ആ നിലയിലുള്ള ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷനായിട്ട് രക്തത്തെ കാണിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ബൈബിളിൽ കാണാറുണ്ടല്ലോ പഴയ നിയമത്തിലെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് രക്തം ചൊരിച്ചിലില്ലാതെ എന്തില്ല രക്തം ചൊരിയാതെ പാപമോചനമില്ല എബ്രായർ കെഴുതിയ ലേഖനം അതിൻ്റെ ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് രക്തം ചൊരിയാതെ പാപമോചനമില്ല അതുകൊണ്ട് യേശുവിൻ്റെ വിലപ്പുറത്ത് കുത്തിയപ്പോൾ അവിടുന്ന് രക്തം പുറപ്പെട്ടു എന്ന് പറയുന്നത് നമുക്ക് വലിയ ഉറപ്പാണ് യേശു രക്തം ചൊരിഞ്ഞു ആ രക്തച്ചൊരിച്ചിലിനാലാണ് എന്തുള്ളത് പാപത്തിൻ്റെ മോചനമുള്ളത് ശക്കരിയാവു പറയുന്നത് പോലെ പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായിട്ട് തുറന്ന ഒരു ഉറവാണ് യേശുവിൻ്റെ ചങ്കിലെ ആ മുറിവ് നമ്മൾ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ തൻ്റെ ചങ്കിലെ ആ തുറന്ന ഉറവാണ് ആ ഉറവ ആ ഫൗണ്ടൻ അത് എന്തിനു വേണ്ടിയാണ് ആ ഫൗണ്ടൻ എന്തിനു വേണ്ടിയാണ് ആ രക്തം എന്തിനു ഒഴുകിയത് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞത് ഇത് വളരെ നമുക്ക് വളരെ ഫണ്ടമെൻ്റൽ വളരെ അടിസ്ഥാനപരം തോന്നിയാലും ഈ രക്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് പല മാനങ്ങളുണ്ട് പല ഡയമെൻഷൻസ് ഉണ്ട് ഈ രക്തമെന്ന് പറയുന്നത് അത് മൂന്ന് തരത്തില് മൂന്ന് തരത്തിലുള്ള ഡിമാൻഡുകൾക്ക് പരിഹാരമാണ് ഒന്നെന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ പാപം പരിഹരിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന് എന്ത് വേണം രക്തച്ചൊരിച്ചിലില്ലാതെ പാപത്തിൻ്റെ മോചനമില്ല എബ്രായർ ഒൻപതിൻ്റെ ഇരുപത്തിരണ്ട് നമ്മൾ പറഞ്ഞു ഇത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം രക്തമാണ് പാപപരിഹാരത്തിനായിട്ട് തുറന്നിരിക്കുന്ന ഉറവെങ്കിൽ ഇവിടെ ആ രക്തം ഒഴുകി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിന് നിഴലായിട്ട് ഇസ്രായേൽ മക്കൾ ആചരിച്ചു പോകുന്ന പല യാഗങ്ങളുമൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ചും പെസഹ ആചരണം ഈ പെസഹ ആചരണത്തോടുള്ള ബന്ധത്തിൽ രക്തമെന്തു ചെയ്യുമായിരുന്നു രക്തമെടുത്ത് രക്തമെടുത്ത് ആ കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുമായിരുന്നു പുറപ്പാട് ദിവസവും പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഈ കാര്യം പറയുന്നുണ്ട് പെസഹ കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് കട്ടിളക്കാലിന്മേലും കുറുമ്പടി മേലും പുരട്ടുമായിരുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ രാത്രിയിൽ സംഹാരൂതൻ എന്ത് ചെയ്യും സംഹാരദൂതൻ പുറത്തൂടെ ഓരോ വീടും ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നു പോകും നടന്നു പോകുമ്പോൾ കട്ടിളക്കാലിന്മേലും കുറുമ്പടി മേലും രക്തത്തിൻ്റെ അടയാളമുള്ള വീടുകളിലേക്ക് സംഹാരദൂതൻ കടക്കുകയില്ല അവിടുത്തെ ആദ്യ ജാതൻ കൊല്ലപ്പെടുകയില്ല ദൈവത്തിൻ്റെ ന്യായവിധി ആ ഭവനത്തിനുണ്ടാവുകയില്ല ഈ ദൈവന്യായവിധിയെ ഒഴിവാക്കാൻ വേണ്ടി രക്തം എന്ത് വേണം രക്തം പുറത്ത് പുരട്ടണം ഈ രക്തം കണ്ടാൽ സംഹാരദൂതന് തൃപ്തിയായി സംഹാരദൂതൻ അന്നേരം ഇനി രക്തമുണ്ട് ഇനി ഇത് ശരിക്കും അങ്ങനെ ആണെന്നൊന്നും ഇതിൻ്റെ അകത്തേക്ക് കടന്ന് ഒന്നും നോക്കുന്നു എന്നില്ല ഇത് പ്രിയപ്പെട്ടവർ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പാപമുണ്ടെങ്കിൽ അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ പാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷമിച്ചത് ഇന്ന് ഇന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പാപമുണ്ടാകുന്നു പാപമുണ്ടാകുമ്പോൾ അതിനെന്താ പരിഹാരം പരിഹാരം അപ്പോഴും യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് അതിൻ്റെ പരിഹാരം ഒന്നിയോഹന്യാന ഒന്നാമധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളതാണ് വീണ്ടും എടുത്ത് വായിക്കുന്നില്ല അവിടെ നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകുന്ന ഒരു പാപമുണ്ടെങ്കിലും അതിൻ്റെ പരിഹാരം എന്താ യേശുവിൻ്റെ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാപത്തിൻ്റെ പരിഹാരമുള്ളത് അപ്പോൾ യേശുവിൻ്റെ രക്തം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കണ്ടാൽ ദൈവത്തിന് തൃപ്തിയായി ദൈവത്തിന് തൃപ്തിയായി ദൈവം ഈ ആ രക്തം കണ്ടു കഴിയുമ്പോൾ ദൈവം പിന്നെ എന്തായി അത് ക്ഷമിച്ചു ആ കാര്യം അവിടെ അവിടെ തീർത്തു ആ ഫയൽ അവിടെ ക്ലോസ് ചെയ്തു അതുകൊണ്ട് രക്തം എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇസ്രായേൽ മക്കളുടെ ദേവാലയത്തോടുള്ള ബന്ധത്തിലും നമ്മൾ ചിന്തിക്കുമ്പം ഇങ്ങനെ തന്നെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അതായത് ഒരു ഒരാളൊരു യാഗവുമായിട്ട് വന്നു ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഈ മഹാപുരോഹിതൻ ഈ രക്തവുമായിട്ട് ചെന്ന് കൃപാസനത്തിൽ തളിക്കുമ്പം അതാർക്കെ കാണാനും ഒക്കെയുള്ളൂ ദൈവത്തിനെ കാണാൻ ഈ മഹാപുരോഹിതൻ രക്തം തളിക്കും മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തെത്തും പക്ഷേ അത് കാണാനായിട്ട് അവിടെ ആരേ ഉള്ളൂ ദൈവമേ ഉള്ളൂ ഈ യാഗം കഴിക്കുന്ന ഇസ്രായേൽ മക്കളൊക്കെ എവിടെയാണ് പ്രാകാരത്തിന് പുറത്ത് അവരാരും കാണുന്നില്ല ഈ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്നതും കൃപാസനത്തിൽ രക്തം തളിക്കുന്നതും ഒന്നും അവർ കാണുന്നില്ല അവർ കാണുന്നില്ലെങ്കിലും ദൈവം കണ്ടു ദൈവത്തിന് തൃപ്തിയായി ദൈവം ആ ഫയൽ ക്ലോസ് ചെയ്തു സഹോരി സഹോദരി ഞാനെന്തിനാ ഈ കാര്യം ഇത്രയും ഇത്രയും വിശദമായിട്ടാണ് പറയുന്നത് ഈ രക്തം എന്ന് പറയുന്നത് കർത്താവിന് പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടുള്ള ആ ദൈവത്തിൻ്റെ ഒരൊറ്റ പ്രതിവിധിയാണ് അതാണ് യേശുവിൻ്റെ രക്തം യേശു എന്തോ ചെയ്തു യേശു ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ മഹാപുരോഹിതൻ ബലിമൃഗത്തിൻ്റെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയതുപോലെ യേശു എന്ത് ചെയ്തെന്ന അഭിപ്രായ ലേഖനം ഒൻപതാമധ്യായത്തി നമ്മൾ കാണുന്നത് യേശു സ്വന്തം രക്തവുമായിട്ട് അവിടെ ചെന്ന് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് താന് ആ നിലയിൽ ക്രമീകരിച്ചു എബ്രാഹിം ലേഖന ഒൻപതാമധ്യായ പന്ത്രണ്ടാമത്തെ വാക്യം ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് കർത്താവ് അവിടെ വരുത്തി ഇന്നിപ്പം ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ടായാൽ നമ്മളത് ഏറ്റുപറയുമ്പോൾ ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഏഴോ ഒമ്പതോ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അങ്ങനെയാണല്ലോ അത് ഏറ്റുപറയുന്നെങ്കിൽ ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കും ഏതിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷമിക്കുന്നത് അല്ലാതെ ഏറ്റു പറയുന്ന ആള് ഓ ഏറ്റു പറയുമ്പം തന്നെ തന്നെ നെഞ്ചത്തടിച്ചോ എന്നുള്ളതിനെ ആശ്രയിച്ചല്ല എന്നു വെച്ചാൽ ഒരു സ്വയപീഡനം നടത്തി ഇവിടെ ഈ എന്തിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് ഇന്നത്തെ ക്രിസ്തീയത നോക്കുക നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ക്രിസ്തീയ ദേവാലയം ഇവിടെ ഉണ്ട് അവിടെ എന്ത് സംഭവിക്കും അവിടെ ഈ ദുഃഖ വെള്ളിയാഴ്ചകളിലെ ആളുകൾ അവരവരെ പീഡിപ്പിച്ച് നിലത്തോടെ ഇഴഞ്ഞ് ദേഹത്തൊക്കെ രക്തവുമായിട്ട് അവിടെ ചൊല്ലുമ്പം കർത്താവ് അവരുടെ പാവം ക്ഷമിച്ചു എന്നാണ് അവർക്കൊരു തൃപ്തി വരുന്നത് സഹോദരൻ നീ അങ്ങനെ നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കുകയൊന്നും വേണ്ട നിന്റെ രക്തം ഒന്നും അവിടെ ചൊരിയുകയൊന്നും വേണ്ട എന്ത് മതി കർത്താവായി രക്തം അവിടെ ഉണ്ട് അവൻ ആ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്നിട്ട് ആ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് അതിൻ്റെ ഇരു പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം നോക്കുക അവിടെ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന ഒരു പുണ്യാഹരക്തത്തിനടുക്കലാണ് എത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെ പന്ത്രണ്ടാം അധ്യായത്തിലാണ് പന്ത്രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യമാണ് പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കൽ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നു അപ്പം യേശു ഈ അതിവിശുദ്ധ സ്ഥലമായ സ്വർഗോന്നതങ്ങളിൽ പ്രവേശിച്ച് തൻ്റെ സ്വന്തം രക്തം അതിൽ കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് മോചനം വരുത്തി ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ രക്തം അവിടെ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ ഒത്തിരി അതിനു വേണ്ടി പാടുപെടുന്നത് കൊണ്ടല്ല നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കപ്പെടുന്നത് യേശുവിൻ്റെ കാൽവെർക്രൂസിലെ മരണത്തിൽ ആ രക്തം മൂലം എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് കർത്താവ് സാധിച്ചു ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ രക്തം നമുക്ക് വേണ്ടി ഇന്ന് മത്യസ്ഥത അണച്ചുകൊണ്ട് സ്വർഗത്തിലുണ്ട് നമ്മൾ ഇന്ന് സംഭവിക്കുന്ന പാവങ്ങളുടെ പരിഹാരത്തിന് നമ്മൾ ഏറ്റു പറയുമ്പോൾ പിതാവായ ദൈവം ഈ പുത്രൻ്റെ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് ക്ഷമിക്കുന്നത് അങ്ങനെ രക്തം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് രക്തം ദൈവത്തിൻ്റെ ഡിമാൻഡിനെ തൃപ്തിപ്പെടുത്തി ഈ കാൽവറിക്രശിൽ യേശു ചൊരിഞ്ഞ രക്തം ദൈവത്തിൻ്റെ ഡിമാൻഡിനെ തൃപ്തിപ്പെടുത്തി എന്നാൽ പലപ്പോഴും നമ്മളിങ്ങനെയൊന്ന് ഏറ്റു പറഞ്ഞതിന് ശേഷം ഏറ്റു പറഞ്ഞു അതിന് ശേഷം നമുക്ക് പലപ്പോഴും ഒരു തൃപ്തി വരാത്തത് എന്താണ് പ്രത്യേകിച്ചും അങ്ങനെയുള്ള പല ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത് വന്നിട്ട് ചോദിക്കുമ്പോൾ ബ്രതറേ ഞാനത് ഏറ്റുപറഞ്ഞു ഒരു ദിവസം ഉപവാസം എടുത്ത് അങ്ങ് പ്രാർത്ഥിച്ച് അങ്ങ് ഏറ്റുപറഞ്ഞു എന്നിട്ടും എന്തുവാ എന്നിട്ടും മനസാക്ഷിയിൽ ഒരു അത് ദൈവം ക്ഷമിച്ചോ ഇല്ലയോ ഏ എന്താ ഇവിടുത്തെ പ്രശ്നം എന്താ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മഹാപുരോഹിതനെ അതിവിശുദ്ധ സ്ഥലത്ത് പോയി ഈ രക്തം അവിടെ അവിടെ കൃപാസനത്തിൽ തളിക്കുന്നത് ആര് കാണുന്നില്ല ഈ പ്രാകാരത്തിലോ അതിന് പുറത്തോ നിൽക്കുന്ന ആടുമായിട്ട് വന്ന ആൾ കാണുന്നില്ല അയാൾ എന്തോ ചെയ്തോണം മഹാപുരോഹിതൻ അവിടെ ചെന്നെന്നും അത് തളിച്ചെന്നും വിശ്വസിച്ച് എൻ്റെ പാവം പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവന് പോവുകയാണ് വേണ്ടത് അവിടെ ഒരു വിശ്വാസത്തിൻ്റെ നിലപാടുണ്ട് ഈ ഒരു വിശ്വാസത്തിൻ്റെ നിലപാട് ആ വിശ്വാസം എക്സസൈസ് ചെയ്യാൻ പറ്റാത്തത് പലരും ദൈവത്തിന് തൃപ്തിയായെങ്കിലും ഏറ്റു പറഞ്ഞ പലർക്കും തൃപ്തിയായിട്ടില്ല കണ്ടോ അതിൻ്റെ വൈരുദ്ധ്യം കണ്ടോ ഈ പ്രമാണം വെച്ച ദൈവത്തിന് തൃപ്തിയായി ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം നോക്കി ഓ ഇവൻ്റെ കാര്യം റെഡിയായി ഇവനെ ഒരു പാവം ഇതേ വരെ ചെയ്യാത്തവൻ എന്ന് പ്രഖ്യാപിച്ചു പക്ഷേ എന്നിട്ടും ഏറ്റു പറഞ്ഞവനൊരു തൃപ്തി വരാത്തതിന് കാര്യം അവൻ ഇത് വിശ്വാസത്താൽ എടുക്കണം വിശ്വാസത്താൽ എടുക്കണം ഇന്നിവിടെയിരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഈ നിലയിലൊരു മലിനപ്പെട്ട മനസ്സാക്ഷിയോടെ കഴിഞ്ഞ ആഴ്ചയിൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ വന്നു ആ കാര്യം പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചപ്പോൾ തന്നെ അത് ഏറ്റുപറഞ്ഞു ഏറ്റുപറയുകയും ദൈവവും പാകെ ക്ഷമ ചോദിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ആ കാര്യം ക്രമീകരിച്ചു എന്നിട്ടും ഇന്ന് മീറ്റിംഗിന് വന്നിരിക്കുമ്പോൾ ഓ അത് ദൈവം ക്ഷമിച്ചോ ഇവിടെ ചുറ്റുപാട് വരുന്നു പാടുന്നവരൊക്കെ കയ്യടിച്ച് ഭയങ്കരമായിട്ട് പാടുന്നുണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെ ഒരു പ്രശ്നമില്ല അവരിന്നും പാവം ചെയ്യാത്ത വിശുദ്ധരായ ആളുകൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ പാവം ക്ഷമിച്ചു ഞാൻ പാവം ഞാനൊക്കെ ഒരു തെറ്റും ചെയ്തു അത് ഏറ്റു പറഞ്ഞു പക്ഷെ ദൈവം ക്ഷമിച്ചെന്ന് തോന്നില്ല ദൈവം ക്ഷമിക്കാതെ എൻ്റെ മനസാക്ഷിയിൽ ഒരു തൃപ്തിയില്ലല്ലോ തൃപ്തിയില്ലാതെ ഞാൻ പിന്നെ ഇവിടെ ഇരുന്ന് ഉച്ചത്തിൽ പാട്ടൊക്കെ പാടി ഒരു വിശുദ്ധനാണെന്ന് മറ്റുള്ളവർക്കൊരു തെറ്റായ ഇംപ്രഷൻ കൊടുത്താൽ അത് കൂടുതൽ കുഴപ്പമാണല്ലോ അതുകൊണ്ട് ഞാൻ പാട്ട് പാടാതെ ഇവിടെ ഇരുന്ന് എന്നെ തന്നെ ഒത്തിരി ദണ്ഡിപ്പിക്കാം അങ്ങനെ അങ്ങനെ ചിന്തിക്കാറുണ്ടോ പ്രിയപ്പെട്ടവർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ കാലം ഉപകാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ മനസാക്ഷി വളരെ സെൻസിറ്റീവായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രശ്നം വരാം അതിനുള്ള പരിഹാരം എന്താ ഈ പ്രശ്നം ആരോടുള്ള ബന്ധത്തിലുള്ളതാണ് നമ്മളോടുള്ള ബന്ധത്തില ദൈവത്തോടുള്ള ബന്ധത്തിലല്ല ദൈവത്തോടുള്ള ബന്ധത്തിൽ അതിന് പരിഹാരം രക്തം വരുത്തി നമ്മോടുള്ള ഈ പ്രശ്നത്തിന് പരിഹാരം എന്താ അതിനും പരിഹാരം യേശുവിൻ്റെ രക്തമാണ് എബ്ര ലേഖനം അതിൻ്റെ ഒൻപതാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനാലാമത്തെ വാക്യം നോക്കുക നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൽ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും ഇവിടെ ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചാണ് പറയുന്നത് ദയവായിട്ട് നമ്മൾ വളരെ ഗൗരവമുള്ള പല കാര്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കണേ നമ്മൾ യേശുവിൻ്റെ രക്തത്തിൽ കവിഞ്ഞ് നമുക്ക് വേറെ അടിസ്ഥാനപരമായ കാര്യമില്ല അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ പിശാചി നമ്മളെ തെറ്റിച്ചു കളയും ഇവിടെ ഇതാ നമ്മുടെ മനസാക്ഷിയിൽ അങ്ങനെ ഒരു മലിനത തോന്നിയാൽ അതിനുമുള്ള പരിഹാരം യേശു ക്രിസ്തുവിൻ്റെ രക്തമല്ലാതെ മറ്റൊന്നല്ല ആ രക്തം ഇവിടെ ഇതാ ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ ആരാധിക്കേണ്ടതാര നമ്മൾ തന്നെ അങ്ങനെയുള്ള നമ്മുടെ നമുക്ക് പക്ഷെ ആരാധിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ നമ്മുടെ മനസ്സാക്ഷി മലിനപ്പെട്ടിരിക്കുക അങ്ങനെയുള്ള മനസ്സാക്ഷിയുടെ മലിനതയെ അല്ലെ നിർജ്ജീവ പ്രവൃത്തികളെ അതിനെ പോക്കി ശുദ്ധീകരണത്തിലേക്കും ധൈര്യത്തിലേക്കും ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യത്തിലേക്കും വരാനുള്ള ഒരൊറ്റ ഒരു കാര്യമേ ഉള്ളൂ അതായതാ യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം അപ്പം നോക്കുക ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തം പുറപ്പെട്ടു എന്ന് പറയുമ്പം ആ രക്തം ഒരു കൊച്ചു കാര്യമല്ല ആ രക്തം ആരെ തൃപ്തിപ്പെടുത്തി ദൈവത്തെ തൃപ്തിപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് തൃപ്തിയായി നമുക്ക് തൃപ്തിയായില്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയുടെ നിർജീവതയെ പോറ്റാ പോക്കാനായിട്ട് അതിനും ക്രിസ്തുവിൻ്റെ രക്തമാണുള്ളത് അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ആ നിലയിൽ ഒരു മലിനപ്പെട്ട മനസാക്ഷിയോടെ ഒരു നിർജ്ജീവമായ ഒരു മനസ്സോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലേക്കാ ചെല്ലേണ്ടത് നമ്മൾ തന്നെ ആ നമ്മൾ തന്നെ എണ്ണീറ്റ് കുറച്ച് പാട്ടൊക്കെ പാടിക്കളയാം എന്ന് വിചാരിച്ചാൽ കട നടക്കുമോ ഇല്ല അതിന് മുമ്പേ നടക്കേണ്ട ഒരു കാര്യം എന്താ യേശുവിൻ്റെ രക്തത്തിൽ ശരണപ്പെടുക പറയുക കർത്താവേ ദൈവമേ ഞാൻ അത് ഏറ്റു പറഞ്ഞു നീ അത് ക്ഷമിച്ചു ദൈവത്തിന് തൃപ്തിയായി ദൈവത്തിന് തൃപ്തിയായിട്ടും എനിക്ക് തൃപ്തിയാകാതിരിക്കുന്നത് എൻ്റെ മനസാക്ഷിയുടെ മലിനത കൊണ്ടാണ് ഇതിന് പരിഹാരവും എന്തേ ഉള്ളൂ ഇതാ ഇബ്രാഹം ലേഖനം ഒൻപതിൻ്റെ പതിനാലിൽ കാണുന്നു ക്രിസ്തുവിൻ്റെ രക്തമാണ് ഈ മനസാക്ഷിയുടെ നിർജീവതയെ പോക്കുന്നത് അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ശരണപ്പെടുന്നു എന്ന് ആന്തരികമായിട്ട് പറഞ്ഞ് ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ സൗഖ്യദായക ശക്തി നമ്മൾ അനുഭവിച്ചറിയുക അതാണ് രണ്ടാമത്തെ രക്തം നമ്മളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം നമുക്കറിയാം നമ്മ ദൈവം തൃപ്തിയായി നമുക്കും നമ്മുടെ മനസ്സാക്ഷിയിലെ നിർജ്ജീവിതയും പോയി രക്തത്താൽ കഴുകപ്പെട്ടു അപ്പോഴും തൃപ്തി വരാത്ത വേറൊരാളുണ്ട് അതാര അതാണ് പിശാജ് എന്ന് പറയുന്ന ആൾ ഈ പിശാജ് എന്നാലും എന്തു ചെയ്യും പിശാജ് എന്നാലും ഓരോ കുറ്റാരോപണവും കൊണ്ട് വരും അവൻ്റെ കുറ്റാരോപണത്തിന് ഉള്ള മറുപടി എന്താ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ പത്താമത്തെ വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ് അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു അവിടെയും പിശാജിൻ്റെ കുറ്റാരോപണത്തിനെതിരെയും നമുക്ക് പിടിക്കാനുള്ളത് കുഞ്ഞാടിൻ്റെ രക്തമാണ് അപ്പം കണ്ടോ ഇത്ര വിലപ്പെട്ടതാണ് ഇത്ര വലുതാണ് രക്തം എന്ന് പറയുന്നത് രക്തം ഞാൻ പറഞ്ഞത് പറഞ്ഞത് വ്യക്തമായല്ലോ അതായത് യേശുവിൻ്റെ വിലാപ്പുറത്ത് കൊത്തിയപ്പോൾ രക്തം പുറപ്പെട്ടു അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വന്നു എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഇത്രയും എംബസൈസ് ചെയ്യുന്നത് കാരണം രക്തം കൂടാതെ ഓ പാപത്തിന് പരിഹാരമില്ല എന്നതാണ് ദൈവത്തിൻ്റെ പ്രമാണം ഈ ദൈവത്തിൻ്റെ പ്രമാണം തൃപ്തിപ്പെട്ടു യേശുവിൽ നിന്ന് രക്തം പുറപ്പെട്ടു യേശു മരിച്ചു രക്തം പുറപ്പെട്ടു ദൈവത്തിന് തൃപ്തിയായി ദൈവത്തെ തൃപ്തിപ്പെടുത്തിയ കാര്യമെന്താ യേശുവിൻ്റെ രക്തമാണ് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ രക്തം അത് പാപിയായ ഒരുവൻ ആദ്യം രക്ഷയിലേക്ക് വരുമ്പോഴും ആ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം പാപം ക്ഷമിക്കുന്നത് രക്ഷിക്കപ്പെട്ട ഒരുവൻ സ്നാനപ്പെട്ട ഒരുവൻ സഭയെപ്പോരുന്ന ഒരുവൻ അവൻ്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ ഒരു തെറ്റു വന്നാലും അതിനെ ക്ഷമിക്കുന്നതും ഈ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരൊറ്റ ഘടകമേ ഉള്ളൂ പാപത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് ക്രിസ്തുവിൻ്റെ രക്തമാണ് രണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്തുന്നോ നമ്മുടെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താനും ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളാ കാര്യമാണ് വായിച്ചത് അതുപോലെ തന്നെ പിശാചിനെ ജയിക്കാനും പിശാജ് എപ്പോഴും കുറ്റാരോപണം കൊണ്ടുവരും അവനെ ജയിക്കാനും നമുക്ക് എടുത്ത് കാണിക്കാവുന്നത് എന്താ രക്തം രക്തം അതുകൊണ്ട് അതെത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവർ നമുക്ക് നമ്മൾ വായിച്ച വാക്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാം യോഹനാൻ്റെ സുശേഷം പത്തൊൻപതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ ഒരു പടയാളി പെട്ടെന്ന് കുന്തപെടുത്ത് കുത്തിയെന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ ഒരു നിയോഗം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് രക്തം പുറപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അവിടെ ആ വാക്യത്തിലേക്ക് വീണ്ടും വരുമ്പോൾ പത്തൊൻപതാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലപ്പുറത്ത് ഊത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു അപ്പം രക്തത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു വെള്ളം എന്താ എന്താ ഈ വെള്ളം വെള്ളത്തിന് വല്ല അർത്ഥവും നമുക്ക് ഒരു വാക്യം വായിക്കാം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ അതിൻ്റെ പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ യാത്രയോടുള്ള ബന്ധത്തിൽ വെള്ളം പെട്ടെന്ന് പുറപ്പെട്ട ഒരു രംഗം കാണുന്നുണ്ട് പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഞാൻ ഹോരേബിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും നീ പാറയെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് രക്തം എന്ന് പറയുമ്പോൾ നമ്മളിലുണ്ടായ നിഷേധാത്മകമായ ചില കാര്യങ്ങളുടെ പരിഹാരം അവിടെ വന്നു എന്നാൽ പോസിറ്റീവായ ഒരു കാര്യമാണ് വെള്ളമെന്ന് പറയുന്നത് വെള്ളം എന്താ ചെയ്തത് വെള്ളം ഇതാ വെള്ളം ഇതാ അവരുടെ അവരുടെ ദാഹത്തെ ശമിപ്പിക്കുകയും അവരെ ഈ വഴിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് ദൈവത്തിൻ്റെതായ ഒരു ജീവൻ പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു ഉറവയുണ്ട് അതും കാൽവരക്രൂശിലാണ് തുറന്നത് യേശു മരിച്ചു യേശു മരിച്ചു കഴിഞ്ഞ് യേശുവിൻ്റെ ജീവൻ എന്തായി തീർന്നു അത് ജീവിപ്പിക്കുന്ന യേശുവിൻ്റെ ആത്മാവ് നമ്മളെ ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു കേവലം നമ്മുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തുക മാത്രമല്ല നമുക്ക് ജീവൻ നൽകി മുന്നോട്ട് നടത്തുന്ന ഒരു ജീവൻ്റെ ഉറവയും കാൽവെറി ക്രൂശിലെ തുറന്നു നമ്മളിപ്പോൾ വായിച്ച പുറപ്പാട് ദിവസം പതിനേഴിൻ്റെ ആറിനോട് ചേർത്ത അതേ സംഭവം തന്നെ പൗലോസ് കൊരിന്തിയർക്ക് ലേഖനം എഴുതുമ്പം ആ അടി കൊണ്ട പാറ അല്ലെങ്കിൽ ആ പിളർക്കപ്പെട്ട പാറ ആരായിരുന്നു എന്നാണ് പറയുന്നത് ഒന്ന് കൊരിന്തിയർ പത്തിൻ്റെ നാല് ആ പാറ ക്രിസ്തുവായിരുന്നു ആ പാറയായ ക്രിസ്തുവിനെ അടിച്ചപ്പം എന്താണ് അവിടെ വെള്ളമാണ് പുറപ്പെട്ടത് വെള്ളമാണ് ഇവരെ തൃപ്തിപ്പെടുത്തിയത് രക്തം പുറപ്പെട്ടു അത് നമ്മൾ കണ്ടു അത് മാറ്റിവെച്ചിട്ട് ഇനി വെള്ളം എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെന്തായി പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ കാൽവറി ക്രൂശില് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ഒരു രക്തത്തിൻ്റെ ഉറവ തുറന്നു അതേപോലെ തന്നെ നമ്മളെ ജീവനിലേക്ക് കൂടുതൽ കൂടുതൽ ജീവനിലേക്ക് നടത്തുന്ന ഒരു ജീവൻ്റെ ഉറവയും അവിടെ തുറന്നു നമ്മൾ സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ മുപ്പത്തിയാറാമത്തെ സങ്കീർത്തനം മുപ്പത്തിയാറാമത്തെ സങ്കീർത്തനത്തില് ജീവൻ്റെ ഉറവ മുപ്പത്തിയാറാം സങ്കീർത്തനം ഒമ്പതാമത്തെ വാക്യം നിന്റെ പക്കൽ ജീവൻ്റെ ഉറവയുണ്ടല്ലോ ഈ വെള്ളം പുറപ്പെട്ടു എന്നുള്ളതിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ഒരു ചിന്ത കേവലം പാപങ്ങളുടെ പരിഹാരം എന്നുള്ള രക്തം മാത്രമല്ല ഇതാ ഇസ്രായേൽ മക്കളുടെ ദാഹത്തെ ശമിപ്പിക്കുകയും ഓ ആ ദാഹശമനത്തിനായിട്ട് പാറയായ ക്രിസ്തു അടി കൊണ്ടു പാറയായ ക്രിസ്തു കഷ്ടം അനുഭവിച്ചു യേശുവിൻ്റെയും വിലാപ്പുറത്ത് കുത്തിയപ്പോഴാണ് വെള്ളം പുറപ്പെട്ടത് അടി കൊണ്ടപ്പോഴാണ് പാറയിൽ നിന്ന് വെള്ളം വന്നത് ഈ വെള്ളം എന്താണ് ഒരു ജീവൻ നമുക്ക് നൽകുന്ന യേശുവിൻ്റെ ആ ക്രൂശിലെ പ്രവൃത്തിയുടെ പ്രതീകമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം ഞാനെന്തോ ഒരു പുതിയ തിയോളജി കൊണ്ടുവരികയാണ് എന്ന് ദയവായിട്ട് തെറ്റിദ്ധരിക്കില്ലേ നമുക്ക് ഈ ബൈബിളിൽ തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ദൈവവചനത്തിൻ്റെ മൊത്തം കാര്യങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ചിന്തകൾ നമുക്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല നമുക്ക് അങ്ങനെ മാത്രമാണ് ഈ വചനത്തെ നമ്മൾ പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്ത് നമുക്കിതിൽ നിന്ന് പ്രയോജനമെടുക്കാൻ ഒക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു രക്തവും വെള്ളവും പുറപ്പെട്ടു രക്തം പാപത്തിൻ്റെ പരിഹാരം പക്ഷേ കേവലം പാപത്തിൻ്റെ പരിഹാരം മാത്രമാണെങ്കിൽ അതൊരു നിഷേധാത്മകമായ കാര്യം മാത്രമായി നമ്മൾ ചെയ്ത് തെറ്റ് പരിഹരിക്കപ്പെട്ടു പക്ഷേ മുന്നോട്ട് പോകണമല്ലോ മുന്നോട്ട് പോകാൻ ഇതാ ജീവൻ്റെ ഒരു ഉറവയും അവിടെ തുറക്കപ്പെട്ടു ഈ ജീവ ഉറവയിൽ നിന്ന് നമുക്ക് പാനം ചെയ്ത് നമുക്ക് മുന്നോട്ട് സന്തോഷത്തോടെ പോകാം കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് നടത്തും ഈ ജീവൻ്റെ ഉറവ് അവിടെ തുറക്കപ്പെടാൻ എന്ത് സംഭവിച്ചു ആ പാറ അടിയേറ്റു പാറയടിയേറ്റു ആ പാറ ക്രിസ്തുവ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുൻ്റെ ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി അതുകൊണ്ടാണ് വെള്ളം പുറപ്പെട്ടത് ഇവിടെ അതിനോട് ചേർത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി ക്രിസ്തു എന്ത് ചെയ്തു താന് ആ നിലയിൽ തൻ്റെ വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടു നമ്മൾ യോഹനൻ്റെ സുശേഷം പന്ത്രണ്ടാമധ്യായത്തിൽ യേശു തന്നെ പറഞ്ഞ ഒരു പ്രതീകത്തോട് ചേർത്ത് ഇതിനെ ചിന്തിച്ചാൽ പന്ത്രണ്ടാമധ്യായതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം കോതമ്പുമണി നിലത്ത് വീണ് ചത്താൽ മാത്രമേ വിളവുണ്ടാവൂ സഹോദര സഹോദരി എന്നെയും നിന്നെയും കേവലം പാപം ക്ഷമിച്ച് പാപം ക്ഷമിക്കപ്പെട്ട കുറച്ച് പേർ ഇവിടെ വന്നിരിക്കുന്നു അങ്ങനല്ല പാവം ക്ഷമിച്ചു എന്നുള്ളത് ഒരു വശം രക്തം അത് അതിൻ്റെ കാര്യം കണ്ടു എന്നാൽ നമ്മൾ പാവം ക്ഷമിക്കപ്പെട്ടു നമുക്ക് മുന്നോട്ട് പോകണം നമ്മളെ മുന്നോട്ടു പോകാൻ ശക്തിപ്പെടുത്തുന്ന നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ആ ജീവജല നദി ആ ഉറവ അതും കാൽവറി ക്രൂശിൽ തുറന്നു പക്ഷേ അത് തുറക്കാൻ വേണ്ടി കർത്താവെന്തു ചെയ്തു കർത്താവ് ഒരു വില കൊടുത്തു ആ കോതമ്പ് മണി നിലത്ത് വീണ ചത്തു നിലത്ത് അപ്പോൾ അതിൽ നിന്നാണ് വിളവുണ്ടാകുന്നത് ആ വിളവാണ് ഈ ഇരിക്കുന്നത് ഈ പല കോതമ്പ് മണി ചേർന്ന് പൊടിഞ്ഞ് ചേർന്നാണ് അവസാനം എന്തായിത്തീരുന്നത് ഒരപ്പമായി തീരുന്നു കണ്ടോ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഈ കാര്യത്തിലേക്ക് വരിക ഒന്ന് കോരുന്താൽ പത്താമധ്യായത്തിൽ നമ്മൾ ആ കാര്യം കാണുന്നുണ്ട് പത്താം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വചനം അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെയൊക്കെ വ്യക്തിപരമായ പാപങ്ങൾ ക്ഷമിച്ചു പക്ഷെ ആ വ്യക്തിപരമായ പാപങ്ങൾ ക്ഷമിച്ച് ഒറ്റയൊറ്റ വിശുദ്ധന്മാരായിട്ട് ഇവിടെ നിർത്താൻ വേണ്ടിയല്ല നമ്മളെ ദൈവം കണ്ടിരിക്കുന്നു ഏഹ് അങ്ങനെ ഒരു കാര്യമില്ല ചില ഒറ്റയൊറ്റ വിശുദ്ധന്മാരുണ്ട് മദർ തെരേസ ഒരൊറ്റ വിശുദ്ധ മറ്റേ മറിയൻ ത്രേസ്യ ഒരു വിശുദ്ധ വേറൊരു ത്രേസ്യ ഏഹ് ഇവിടെ ഇപ്പം ഒരു കുടമാളൂർ സഹോദരൻ ഒരു വിശുദ്ധൻ കാഞ്ഞിരപ്പള്ളിയിലെ സോറിനൊരു വിശുദ്ധൻ ഇങ്ങനെയൊറ്റ ഒറ്റ ഒറ്റ വിശുദ്ധന്മാരെ ഉണ്ടാക്കുകയല്ല ദൈവത്തിൻ്റെ പരിപാടി ദൈവത്തിൻ്റെ പരിപാടി ഈ ഓരോരുത്തരും കർത്താവിലേക്ക് വന്ന് പാപം പരിഹരിക്കപ്പെട്ടു ജീവനിലേക്ക് വന്നു അവർ തമ്മിൽ ചേർന്ന് ഒരപ്പമായി തീരുകയും ചെയ്യുന്നു ജീവൻ കണ്ടോ ജീവൻ എപ്പോഴും അങ്ങനെയാ അതൊരു വിളവാ വിളവാ കോതമ്പ പണി നിലത്ത് വീണ് ചത്തു പലരായ നാം ഒരപ്പമായി തീരുന്നു അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമായി തീരുന്നു ഞാൻ പറയുന്നത് വ്യക്തമാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ഇവിടെ ഇതാ നമ്മൾക്ക് യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അവിടെ രക്തവും വെള്ളവും മാത്രമല്ലാതെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ വായിച്ചല്ലോ അതെന്താ അതെന്ന് പറയുന്നത് അസ്ഥിയാണ് അസ്ഥിയാണ് നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ വായിച്ചു ഈ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും മറ്റേ മൂന്നാമത്തവൻ്റെയും മൂന്ന് ഒന്നാമത്തെ ക്രൂശിലും മൂന്നാമത്തെ ക്രൂശിലും കിടന്ന കള്ളന്മാരുടെ കാലൊടിച്ചു അസ്ഥി ഓടിച്ചു എന്നാൽ യേശുവിൻ്റെ അസ്ഥി ഒടിഞ്ഞില്ല അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നതിന് നിവർത്തി വന്നിരിക്കുകയാണ് നമുക്ക് ഈ അസ്ഥി എന്ന് പറയുന്നതിൽ നിന്നും നമുക്കെടുക്കാവുന്ന ആത്മീയ ചിന്തകളൂടെ നോക്കി നമുക്ക് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ അസ്ഥി എന്ന് പറഞ്ഞാൽ അത് എന്തിനെ കാണിക്കുന്നു രക്തം എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശുദ്ധീകരണത്തെ കാണിക്കുന്നു വെള്ളം എന്ന് പറഞ്ഞത് ഒരു ജീവൻ്റെ ഉറവയെ കാണിക്കുന്നു ഒരു ലൈഫ് ഇമ്പാർട്ട് ചെയ്യുന്നതിനെ കാണിക്കുന്നു എന്നാൽ അസ്ഥി എന്ന് പറയുന്നതോ അസ്ഥി എന്ന് പറയുന്നത് സത്യത്തിൽ സഭയുടെ നിഴലായിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു അസ്ഥി ഒടിഞ്ഞു പോകേയില്ല എന്ന് പറയുന്ന ആ ഭാഗത്തോട് ചേർന്ന് ഇത് കേവലം യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം പെസഹ കുഞ്ഞാട് പെസഹ കുഞ്ഞാടിൻ്റെ കാര്യം വരുമ്പം അവിടെ അതിൻ്റെ അസ്ഥി ഒന്നും ഒടിക്കരുത് എന്ന് ദൈവം പ്രത്യേകം നിർദ്ദേശം നൽകുന്നു നിങ്ങളെ വീട്ടിൽ പോയിട്ട് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം വായിച്ചു നോക്കുക അവിടെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം മുതലേ ഏഹോ പിന്നെയോ മോശിയോടും അഹരോനോടും കൽപ്പിച്ചത് പെസഹായുടെ ചട്ടം ഇതാകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ നാൽപ്പത്തിയാറാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ പറയുന്നു അതിൽ ഒരു അസ്ഥിയും ഒടിക്കരുത് അതിൻ്റെ അസ്ഥി ഓടിക്കരുത് അപ്പോൾ കാൽവര കൃഷി യാതൃശ്യാ സംഭവിച്ചതല്ല എത്രയോ നൂറ്റാണ്ടുമുമ്പ് അസ്ഥി ഒടിക്കരുതെന്ന് പറഞ്ഞപ്പം അതിവിടെ നിറവേറുക ചെയ്ത് ഇത് സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പം ഒൻപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെ കാണുന്നു ആ ബിബി മാസം ആദ്യത്തെ മാസം പതിനാലാം തീയതിയാണ് ഇവർ പ്രസഹ ആചരിക്കേണ്ടത് അന്ന് പെസഹ ആചരിക്കാൻ പറ്റാത്ത വല്ല ആളുകളും ഉണ്ടെങ്കിൽ അവർക്ക് എന്തോ ചെയ്യാം അവർക്ക് രണ്ടാം മാസം പതിനാലാം തീയതി പ്രസഹ ആചരിക്കാം സംഖ്യാപുസ്തകം ഒൻപതാം അദ്ധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ രണ്ടാം മാസം പതിനാലാം തീയതി പ്രസഹ ആചരിക്കാം മനസ്സിലായോ സാധാരണ പെസഹ ആചരിക്കുന്നത് ഒന്നാം മാസം പതിനാലാം തീയതിയാണ് എന്നാൽ അന്ന് ശവത്താലോ മറ്റു വല്ല കാര്യങ്ങളാലോ അല്ലെ ദൂരദേശത്തായിരിക്കുന്നതിനാലോ ഒക്കെ പെസക കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു രണ്ടാമതൊരവസരം ദൈവം ഒരുക്കിയിരിക്കുന്നു അതേതാണ് രണ്ടാം മാസം പതിനാലാം തീയതി അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ അവിടെയും പറയുന്നു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു അതിൻ്റെ അസ്ഥികൾ ഒന്നും കുടിക്കുകയും അരുത് അപ്പോൾ അസ്ഥി ഒടിക്കരുതെന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല അത് കേവലം യാദൃച്ഛ്യമായിട്ട് സംഭവിച്ചു എന്ന് നമ്മൾ കരുതരുത് നമുക്ക് അറിയാമല്ലോ നമ്മൾ പലപ്പോഴും പറയാറുള്ള മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലും ഇതേ കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം അത് അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകയില്ല ഇരുപതാമത്തെ വാക്യം അവൻ അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ ഒന്നും ഒടിഞ്ഞു പോകയില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ അസ്ഥി ഒടിഞ്ഞു പോയില്ല എന്ന് പറയുമ്പോൾ അത് യാദൃച്ഛ്യമായിട്ട് സംഭവിച്ചതല്ല ദൈവത്തിൻ്റെ മുൻപദ്ധതിയാൽ സംഭവിച്ചതാണ് ഓക്കെ അങ്ങനെ ആയിരിക്കുമ്പം തന്നെ ഈ അസ്ഥി എന്തിന് നിഴലാണ് ഈ എല് എന്തിന് നിഴലാണ് നമ്മൾ ബൈബിളിൽ തുടക്കത്തിൽ എല്ലിനെ പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലോ അത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിലാണ് വചനത്തെ നമ്മൾ വചനത്തോട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ട ചിന്തകൾ ലഭിക്കുന്നത് രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലാണ് ആദ്യമായിട്ട് എല് എന്നുള്ള പ്രയോഗം ബൈബിളിൽ കാണുന്നത് നമുക്കറിയാം ഇരുപത്തി ഒന്ന് മുതലേ ഇരുപത്തി മൂന്ന് വരെയുള്ള അല്ലെ ഇരുപത്തി നാല് ഇരുപത്തി ആ വാക്യങ്ങൾ ആ അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ആദാമിന് ഒരു തക്ക തുണി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് കാര്യം പറയുന്നത് ആദാമിന് എന്ത് ചെയ്തു ദൈവം ദൈവം ഒരു ഗാഠനിദ്ര വരുത്തി ഗാഠനിദ്ര വരുത്തിയിട്ട് കർത്താവ് എന്തു ചെയ്തു അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തു വാരിയെല്ലിൽ ഒന്ന് എടുക്കണമെങ്കിൽ എന്ത് വേണം അവൻ്റെ വിലാപ്പുറം തുറക്കപ്പെടണം വിലാപ്പുറം തുറക്കപ്പെടാതെ വാരിയെല്ലെടുക്കാൻ നോക്കുമോ അപ്പോൾ അവൻ്റെ വിലാപ്പുറം തുറക്കപ്പെട്ടു ആദമിൻ്റെ വിലാപ്പുറം തുറക്കപ്പെട്ടു അവിടെ നിന്ന് ഒരു എല്ലെടുത്തു എല്ലെടുത്തിട്ട് അവിടം എന്തു ചെയ്തു വീണ്ടും മാംസം വെച്ച് അവിടെ അടച്ചു മാംസം പിടിപ്പിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട് എന്നിട്ട് ദൈവം അവനിൽ നിന്ന് ഈ മനുഷ്യരിൽ നിന്നെടുത്ത എല്ലിനെ എന്താക്കി തീർത്തു വാര്യലിനെ ഒരു സ്ത്രീയാക്കി തീർത്തു ഇതാണ് ഇത് കണ്ടപ്പോഴാണ് ആദാം ഏ മനുഷ്യകുലത്തിലെ ആദ്യത്തെ കവിത ആദാമിൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണത് ഓ ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നും മാംസവും ഏഹ് സത്യത്തിൽ ബൈബിളിലെ ഒരു ആദ്യ കവിതെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം കവിത ഇപ്പോഴും എന്താ കാര്യത്തെ അതേപോലെ ഒന്ന് കാണാതെ അതിനെ ഒരു പോയറ്റിക്കായിട്ട് കാണുന്നു അഹോയെ കണ്ടപ്പോൾ ആദ്യം ഓ ദിസ്ഇസ് ഇറ്റ് ഇതാണത് ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും അപ്പോൾ ആദിമ മനുഷ്യൻ്റെ നാവിൽ നിന്ന് ആദ്യത്തെ കവിത ഊറി ഉള്ള ഒരു മനോഹരമായ പ്രക്രിയയായിരുന്നു ഈ എല്ലിനെ ഒരു സ്ത്രീ ആക്കി കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു സംഭവം ആണ് എല്ലിനെ ആദ്യം പറയുന്നത് ഇവിടെ നമുക്ക് യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതിൽ അവൻ്റെ എല് അവൻ്റെ അസ്ഥി ഒടിഞ്ഞു പോയില്ല എന്ന് പറയുമ്പം ഇതിനോട് ബന്ധപ്പെട്ട ചില ചിന്തകൾ എടുക്കാം കർത്താ ആദവിൻ്റെ വിലാപ്പുറം കുത്തി തുറന്നതുപോലെ ഇതാ യേശുവിൻ്റെ ആ വിലാപ്പുറവും കുത്തി തുറന്നു അതെന്തിനു വേണ്ടിയായിരുന്നു അവൻ്റെ എല്ല് ഒടിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു കാലൊടിക്കാതിരിക്കാൻ കാലൊടിക്കരുതെങ്കിൽ മരിച്ചു എന്ന് ഉറപ്പുവരുത്തണം മരിച്ചു എന്ന് ഉറപ്പുവരുത്താനാണ് വിലാപ്പുറം കുത്തി തുറന്നത് അപ്പോൾ ആദവിന് സംഭവിച്ചതുപോലെ തന്നെ കർത്താവിൻ്റെയും വിലാപ്പുറം കുത്തി തുറന്നു ആ എല്ല് എടുത്തു ആ എല്ലിനെ എന്താക്കി തീർത്തു എല്ലിനെ ഇതാ എൻ്റെ രക്തത്തിൽ നിന്ന് രക്തവും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറഞ്ഞ് ഹവയെ ഉണ്ടാക്കി ഈ ഹവ ഏതിന് നിഴലായിട്ട് നിൽക്കുന്നു സഭയ്ക്ക് നിഴലായിട്ട് നിൽക്കുന്നു സഭ സഭ പ്രിയപ്പെട്ടവരെ ഈ കാര്യം നമ്മൾ ഓർത്തിരിക്കണം എഫ് എ ലേഖനം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പം ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തെ അതിനെക്കുറിച്ച് പൗലോസ വിശദമായിട്ട് പല പ്രായോഗിക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് ഒടുവിൽ പൗലോസ അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമോ നമുക്കറിയാമല്ലോ അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇരുവരും ഒരു ദേഹമായിത്തീരും മനുഷ്യനപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഭാര്യയും ഭർത്താവും പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹമായിത്തീരും എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നില്ല എന്നിട്ടതിനെ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ മർമ്മം വലിയത് ഇതൊരു മർമ്മമാണ് ഇത് വലുതാ എന്താ ഞാൻ ക്രിസ്തുവിനെയും സഭയേയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് അപ്പോൾ ആദിമ മനുഷ്യന് ഭാര്യയെ കിട്ടി ആദമു ഹവയും ഒന്നായി തീർന്നു അതൊരു മർമ്മമാണ് എന്താ ക്രിസ്തു ഞാൻ ക്രിസ്തുവിനെയും സഭയേയും ഉദ്ദേശിച്ചാണ് പറയുന്നത് ഓ ഈ ഹവയെ ആദിമ മനുഷ്യൻ്റെ ഭാര്യ ഹവയെ എവിടെ അസ്ഥിയിൽ നിന്നുണ്ടാക്കി ഇവിടെ ഇതാ ഇവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുന്നില്ല എന്ന് പറയുമ്പോൾ അത് വരാൻ പോകുന്ന ആ സഭയുടെ നിഴലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ക്രിസ്തു സഭയും ഒരു ദേഹമായിത്തീരുന്നു അവരെ ഭാര്യയും ഭർത്താവും ഒരു ദേഹമായിത്തീരുന്നു എന്ന് പറഞ്ഞേച്ച് ഇതാ ഞാന് അത് ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നു അപ്പോൾ കർത്താവിലേക്ക് വന്നിട്ടുള്ളവർ കർത്താവുമായിട്ട് ഒരൊറ്റ ശരീരമാണ് പങ്കിടുന്നത് നമ്മളിന്ന് ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ എന്താ ഇത് കർത്താവായ യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ് ശരീരമല്ല ശരീരത്തിൻ്റെ പ്രതീകമാണ് എന്നാൽ ഈ നിലയിൽ നമ്മൾ സഭയിലേക്ക് വരുമ്പോൾ സഭ കർത്താവിൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരം ആ ശരീരത്തിൽ നമുക്ക് പങ്കാളിത്തം നൽകാൻ വേണ്ടി യേശുവിൻ്റെ വിലാപ്പുറം തുറന്നു അവിടെ നിന്നൊരു അസ്ഥിയെടുത്തു പ്രിയപ്പെട്ടവര് എത്ര വലിയൊരു കാര്യമാണ് രണ്ടുപേരും ഒരു ദേഹമായിത്തീരുന്നു ഒരു ദേഹം മാത്രമല്ല ഒരു ഒരു ആത്മാവുമായി തീരും ഒന്ന് കോരിന്റേയാർ ആറാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നോക്കുക ഒന്ന് കോരിന്റേർ ആറാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം അതിൻ്റെ പതിനേഴിലെ ഇങ്ങനെയാ പറയുന്നത് കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു അപ്പോൾ ഒരു ശരീരമായിത്തീരുന്നു ഒരാത്മാവായിത്തീരുന്നു ഈ മർമ്മം വലിയത് ഇത് തന്നെ വിശദീകരിച്ചാൽ ചിന്തിച്ചാൽ എത്രയോ വലിയൊരു കാര്യമാണ് ഈ ഇങ്ങനെ ഒറ്റയൊറ്റ ആളുകളായ നമ്മൾ നമ്മൾ കാലാകാലങ്ങളിൽ കർത്താവിൻ്റെ കർത്താവിൻ്റെ ഈ ശരീരത്തിൻ്റെ ഭാഗമായി തീരാനായിട്ട് ഹവയെടുത്തതുപോലെ ഈ അസ്ഥി എടുത്ത് ഒരു കർത്താവിന് ആ നിലയിൽ തൻ്റെ ആ ശരീരമായ സഭ അത് രൂപപ്പെടുന്നു അതിൽ നമുക്കും ഒന്നിച്ച് ചേരാനും അങ്ങനെ ഒരു പങ്കാളിത്തം ലഭിപ്പാനും ദൈവം ഇടയാക്കിയല്ലോ ഇതിന് ഈ കാര്യത്തെയാണ് നമ്മൾ ഇന്ന് ഈ കർത്തൃമേശയിലെ പങ്കാളികളാകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത് അതിനോട് നമുക്ക് പ്രായോഗികമായിട്ട് നമ്മൾക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മളെന്താ പറയുന്നത് നമുക്ക് സ്വർഗം എത്ര വലിയൊരു വില കൊടുത്താണ് ഈ രക്തം വെള്ളം അസ്ഥി ഈ കാര്യങ്ങളെ ക്രമീകരിച്ചത് ഇതിനെ ഇപ്പോൾ ഒരു നമ്മളൊരു കാഷ്വലായിട്ട് എടുക്കരുത് ഇതിൻ്റെ ഒരു പങ്കാളിത്തം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു സഭ ഈ സത്യങ്ങൾ ഇങ്ങനെ നമുക്കൊന്നിച്ചായിരിക്കാൻ കഴിയുന്നത് അത്ര വലിയ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ നിത്യതയിലെ പദ്ധതിയുടെ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ അനു അനുഭവിക്കുക അങ്ങനെ ഓ ഇത്ര വലിയ രക്ഷ എന്ന് പറയാറുണ്ട് ഏ പലപ്പോഴും നമ്മളത് ഇത്ര വലിയ രക്ഷയായിരുന്നു എന്ന് ചിലപ്പോൾ ഓർക്കാറില്ല ചിലരത് നീട്ടി ഇത്ര വലിയ എന്ന് പറയുക ശരിയാണ് ഞാനും ചിലപ്പോൾ വിചാരിക്കാറുണ്ടോ അത് അങ്ങ് നീട്ടിയാലോ ഇത്ര വലിയ രക്ഷ സത്യത്തിൽ എത്രയേ പറഞ്ഞാലും അത് തീരുകയല്ല അത്ര വലിയ രക്ഷയാണ് പ്രിയപ്പെട്ടവർ ഇതിൽ നമുക്കെന്തെയ്യോ ഒരു പങ്കാളിത്തം തന്നല്ലോ നമുക്കിതിനെന്താ അർഹത നമുക്കൊരു അർഹതയും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ അർഹത നമുക്കിതിനൊരു അർഹതയും ഇല്ലായിരുന്നു ഏ പാവികളിൽ ഒന്നാമൻ ഇതായിരുന്നു നമ്മുടെ അഡ്രസ്സ് നമുക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ ഒരു അർഹതയും ഇല്ല ഒരു അർഹതയില്ലാത്തവനെ വിളിച്ച് ഇതിനെല്ലാം അർഹരാക്കി തീർത്ത ദൈവത്തിൻ്റെ കൃപ എത്ര മനോഹരം ഇതിൻ്റെ സാക്ഷികളായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പോകാം ഈ സത്യങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം ഈ കാര്യങ്ങളോട് നമുക്ക് ഹൃദയം കൊണ്ട് അടുത്തു വരാം ഈ കർത്താവിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പോലും ചെയ്യാതിരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമുക്ക് ദൈവസന്നിധിയിലെ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട വചനങ്ങളോടും പിന്നെ പ്രാർത്ഥിക്കുകയും കത്തയിലേക്ക്